ഇനി നല്ലൊരു കുഞ്ഞിനെ നമ്മൾ ചെന്നൊരു വീട്ടിൽ കയറി അപ്പൊ വീട്ടുടമസ്ഥൻ അയാളുടെ ഒരു പുതിയ കുട്ടിയെ അല്ലെങ്കിൽ അയാളുടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നര വയസ്സ് രണ്ടു വയസ്സുള്ള ഒരു കുട്ടി ഓടി മുന്നോട്ട് വന്നു ആ കുട്ടിയെ കണ്ടപ്പോ വല്ലാതെ നമ്മുടെ നമ്മളെ വല്ലാതെ അത് മനസ്സിനെ അത് വർദ്ധിച്ചു വന്നു അപ്പൊ ചെയ്യേണ്ടത് വേണമെങ്കിൽ നമുക്ക് ഇല്ലാതില്ലാന്ന് പറയാം പക്ഷെ ഇതിനേക്കാൾ ആയിട്ടുള്ളത് ആ വധക്കുണ്ട് എന്ന് പറയുന്ന ആ രായത്തിൽ പറഞ്ഞ അതനുസരിച്ച് ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണ് ആ കുട്ടിയെ ബാധിക്കാറേ കുട്ടിക്ക് പല മിത രോഗങ്ങളും വരും ആ കുട്ടി കിടപ്പിലാകും വേദനിക്കും പിന്നെ ഡോക്ടർമാരെ വെച്ച് കൊണ്ടുപോകും അവര് സിംസ്റ്റമാറ്റിക് ആയിട്ട് പുറത്തുനിന്ന് കിട്ടുന്ന ഓരോ രക്തത്തിനനുസരിച്ചിട്ടുള്ള മരുന്ന് എഴുതി കൊടുക്കും പൈസ പോകും വെറുതെ അനാവശ്യമായ മരുന്ന് ശരീരത്ത് കിടക്കും കുട്ടിയുടെ റോബോട്ട് മാറൂല്ല പിന്നെ ക്രമേണ ഉള്ള തീരുമാനപ്രകാരം എന്താണ് അത് ഉറ്റുമാറേണ്ടത് നമ്മെ ഉറ്റുമാറുകയുള്ളൂ അത് നമ്മളായിട്ട് ഒരു പ്രദ്രകം മറ്റൊരാൾക്ക് ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം അതിന് തരപ്പെട്ട ഒരു ഭാരക്കം വാഹു എന്നാൽ കുറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കല വസാരം ലഭിക്കാസന് ഇങ്ങനെ ഒരു ദോഷബാധ മനുഷ്യരിൽ നിന്ന് വസ്തുക്കളിലേക്ക് ജീവികളിലേക്ക് മനുഷ്യരിലേക്ക് വലിക്കുക എന്ന കാര്യം അത് അന്ധവിശ്വാസത്തിലേക്കുള്ള അനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസത്തിലേക്കും ജനങ്ങളെ തിരിച്ചു അന്ധവിശ്വാസങ്ങളുടെ വീണ്ടെടുപ്പാളും ആളുകളെ വളരെ പെട്ടെന്ന് കുത്തിയിലാക്കാൻ ഗ്രഹം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവാണ് വളരെ പുരോഗമനവാദികളാണ് ഇതൊക്കെ അന്ധവിശ്വാസമാണ് ഇതിൽ ഒടിയനും തടയാനും ചിരിഞ്ഞിരുന്ന കാലത്തുണ്ടായിരുന്ന കാര്യമാണ് ഇങ്ങനെ ഒരു കണ്ടാറൊന്നുമില്ല എന്ന് ചിലർ പറയാറുണ്ട് അത് പറയാൻ എളുപ്പമാണ് അനുഭവം കൊണ്ടും മറിച്ചാ യും ഹീസിന്റെയും പ്രമാണ വചനങ്ങൾ കൊണ്ട് ഇത് സ്ഥിരപ്പെട്ടതാ അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിൽ അനുഭവങ്ങൾ കൊണ്ട് അത് സ്ഥിരപ്പെട്ടതാ നിത്യജീവിതത്തിൽ അനുഭവങ്ങൾ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമായിരിക്കാം പക്ഷെ അള്ളാഹുവിന്റെ കരാമിൽ വന്നിരിക്കുന്ന ഒരു വചനത്തെ ഹദീസിൽ വന്നിരിക്കുന്ന ഒരു വചനത്തെ നമുക്ക് മാറ്റി നിർത്താനൊരു നിവൃത്തിയില്ലാഹു അരമത്തിലു മുന്നിൽ വരുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് കതറിന് മുൻകടക്കുന്നത് അയിന് മാത്രമായിരിക്കും എന്നല്ല പറഞ്ഞിട്ടുള്ളത് അത്രയും മുൻകടക്കുന്നു എന്നല്ല കടക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നാണെങ്കിൽ അതീതാകുമായിരുന്നു അർത്ഥത്തോളം പവർഫുൾ ആണ് എന്നാണ് എൻ്റെ അർത്ഥം അല്ലാതെ മുൻ കടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഹജീസിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ലവ് എന്നുള്ളതാണ് അറബിയിലെ ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇല്ലാതും ഇല്ലാത്ത കാര്യങ്ങളുടെ മുന്നിലാണ് ലവ് പറയാം ലവ് എന്നുള്ളത് നടക്കാത്ത കാര്യങ്ങളുടെ മുന്നിലാണ് അധികവും പ്രയോഗിക്കുക ചിലപ്പോ അല്ലാതെയും പ്രയോഗിക്കാറുണ്ട് നടക്കാത്തൊരു കാര്യത്തിലാണ് തതറിനെ മുറികടക്കാൻ ഒരു കാര്യത്തിനും സാധ്യല്ല അല്ല തീരുമാനിച്ചിട്ടുള്ള തതറിനെ ഒന്നും മുറുകടക്കൂല തതറിനെ മറികടക്കാൻ ഏതെങ്കിലും ഒന്നിനെ സാധിക്കുമായിരുന്നുവെങ്കിൽ അത് കണ്ണേലിനെ സാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റു ഏതിനേക്കാളും കൂടുതൽ പവർഫുൾ ആയിരിക്കുന്ന സംഗതിയാണ് തദർ എന്ന് ആ ഹജീസ് നിങ്ങൾ എങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നു എനിക്കറിയില്ല കുറേ അധികം ആളുകളുണ്ട് അല്ലെങ്കിൽ ഓരോരുത്തരോടും ഇത് ചോദിച്ച് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് എന്ന് അയാൾ മനസ്സിലാക്കിയത് പറയിട്ടു പോകേണ്ടതായ ഹജീസാണ് അതായത് ഹപ്പ് കണ്ണാറിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയം വേണ്ട അത് ഹപ്പാണ് യാഥാർത്ഥ്യമാണ് സത്യമാണ് വനവൂക്കു ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടായിരുന്നുവെങ്കിൽ പറ്റയില്ല വ് എന്നുള്ളത് അറബിയിലെ അതിന്റെ അൾമാര് അതിന്റെ ശരിയായ ഉത്തരൂ പറയുന്ന ഒരാൾക്കറിയാം മുപ്പരിതായി വരുന്നത് ലവ് എന്നുള്ളത് മുപ്പരിതായി വരുന്നത് എങ്ങനെയാണ് സാധാരണഗതിയിൽ സംഭവിക്കാത്തതിൻ്റെ ലവ് അതിന്റെ മുമ്പാട് ലവ് ചേർത്ത് കൊടുക്ക അപ്പോ ആ അർത്ഥത്തിൽ തന്നെയാണ് ലവ് ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നത് ഇത് സംഭവിക്കില്ല വളവുക്കാശയോ ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ മറികടന്നുണ്ടായിരുന്നുവെങ്കിൽ അത് കതലിനെ മറികടക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ മറികടക്കുക തദരിനെ മറികടക്കുക അതിൽ കണ്ടുകൾ മാത്രമായിരിക്കും അപ്പൊ കണ്ണേറും മറികടക്കൂല കണ്ണേ മറികടക്കുന്ന ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് കണ്ണേറാകുമായിരുന്നു പക്ഷെ അങ്ങനെ അവരുടെ മറികടക്കാൻ ഒന്നും തന്നെയില്ല ഈ പ്രയോഗത്തിലൂടെ നമുക്ക് കിട്ടുന്നു മറ്റ് ഏതൊന്നും പവർഫുൾ ആയിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് എത്രത്തോളം എന്റെ ഉമ്മത്തിൽ മരണപ്പെട്ടു പോകുന്ന ആളുകളിൽ ഏറ്റവും അധികം ആളുകൾ മരണപ്പെടുന്നത് അയിൽ കൊണ്ടാണ് കണ്ണേർ കൊണ്ടാണ് കണ്ണറുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതവിടെ ഉള്ളത് തന്നെയാണ് അവന്റെ തീരുമാനം അനുസരിച്ചാണ് ആവാസ ആ നിയമം അള്ളാന്റെ അലങ്കരിയമായിരിക്കുന്ന ആ മുൻ നിർണയം അനുസരിച്ചാണ് എല്ലാവരും അവരുടെ സമയത്ത് മരണപ്പെട്ടു പോകുന്നത് അത് സത്യമാണ് പക്ഷേ ദുഞ്ചരിയായ സബബ് അയാൾ മരണപ്പെടാൻ അള്ള നിശ്ചയിച്ചിരിക്കുന്ന അവന്റെ കവാറിൽ അവന്റെ തദർ അവൻ നിശ്ചയിച്ചിരിക്കുന്ന സബബ് അല്ല ൂടി വായിച്ചു നോക്കുമ്പോ നമുക്ക് വല്ലാത്ത അർത്ഥം കിട്ടും ജീവിതയോട് അവസാനിച്ച് പാരത്രിക ജീവിതത്തിലേക്ക് നീങ്ങുന്നത് അത് കഴിഞ്ഞാൽ ആ വസ്തുത നമ്മൾ അവിടെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ മരിക്കാൻ ക്യാൻസറോട്ട് മരിച്ചു അല്ല അല്ലാത്ത കഥാവോട്ടാണ് മരിച്ചത് ഒരാൾ ഹെപ്പറ്റൈറ്റ് സ്ത്രീ ബാധിച്ച് മരിച്ചു അതല്ലാത്ത കഥാവൊണ്ടാണ് പക്ഷേ ഇതൊരു സ്വഭാവം ഒരാള് പിന്നെ അതുകൊണ്ട് അതുകൊണ്ടൊന്നും അല്ല അയാൾ റോഡ് ആക്സിഡന്റോണ്ട് മരിച്ചു റോഡ് ആക്സിഡന്റ് അല്ല അതയാളുടെ കല ആണ് അതയാളുടെ പക്ഷേ ഇതൊക്കെ അതിന്റെ എന്നതുപോലെ എന്റെ ഉമ്മത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകളിൽ മഹാഭൂരിവാദവും ഭരിക്കാനുള്ള എത്രത്തോളം അടുത്തതായി പറഞ്ഞു ആ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം കാരണംഹു ഈ കണ്ണേർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ലനിതല്ല അതൊരു മനുഷ്യനെ തബറിൽ പ്രവേശിപ്പിക്കും അഥവാ തബറടക്കാനുള്ള കാരണം കണ്ണായി തീരും കണ്ണേറായിത്തീരും ഒരൊട്ടകത്തെ ചട്ടിയിൽ പാർട്ടി വേദിക്കുന്ന ചട്ടിയില്ലേ ചട്ടിക്ക് എത്തിക്കണതും ഒരു മനുഷ്യനെ തബറിലെത്തിക്കണതും കണ്ണേറാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് ഒന്നും രണ്ടും എന്റെ ഉള്ളത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നതിൽ മഹാഭൂരിഭാഗം ആളുകളും അധികം ആളുകളും അള്ളാന്റെ തവാുന്നു പക്ഷെ അതിനുള്ള പ്രഭവം അയിന ഈ കണ്ണേർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ഉള്ളത്തിനാൽ മരവി മനുഷ്യരെ തവർന്നെത്തിക്കുമ്പോൾ ഒരട്ടകട്ട ചട്ടിയിലെത്തിക്കുന്നു അതാണ് കണ്ടത് അതാണ് അതിന്റെ കഴിവ് അതുകൊണ്ടാണ് കാര്യത്തിലും അവന്റെ മറികടക്കാൻ കഴിയില്ല അങ്ങനെ മറികടക്കുന്ന ഏതെങ്കിലും ഒന്നും അത് കണ്ണറാകുമായിരുന്നു കണ്ടറും മറികടക്കില്ല ഇവ മുസ്ലിം നിവായത് അങ്ങനെ കണ്ണേർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആരുടേതാണ് എന്ന് നിങ്ങൾ കരുതുന്നുവോ അയാളോട് നിങ്ങൾ ശരീരഭാഗങ്ങൾ കഴുകി കൊടുക്കാൻ ആവശ്യപ്പെടണം അതാ കണ്ണേർ ബാധിച്ച ആരുടെ തലയിലേക്ക് പിൻഭാരത്തിലൂടെ ഒഴിക്കണം എന്ന് പറഞ്ഞു അതും കൂടി ആ റിവായത്തിലുണ്ട്